അള്ളാഹുസുബാനുഹുവ ടായാലയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ജനത അള്ളാഹുസുബാനുഹുവ ടായാലായോടും അവൻറെ ദൂതനോടും ശത്രുത പുലർത്തുന്നവരെ സ്നേഹിക്കുന്നത് നിങ്ങൾ കാണുകയില്ല അവർ അവരുടെ പിതാക്കളോ പുത്രന്മാരോ സഹോദരങ്ങളോ ബന്ധുക്കളോ ആണെങ്കിൽ പോലും അങ്ങനെയുള്ളവരുടെ ഹൃദയങ്ങളിൽ അവൻ വിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുന്നു അവനിൽ നിന്നുള്ള ഒരു ആത്മാവുകൊണ്ട് അവൻ അവരെ ശക്തിപ്പെടുത്തിയിരിക്കുന്നു താഴെയായി പുഴകളൊഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അവൻ അവരെ പ്രവേശിപ്പിക്കും അവരവിടെ ശാശ്വതമായി വസിക്കുന്നവരുമായിരിക്കും അള്ളാഹു സുബഹാനഹുവറ്റായാല അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു അവരും അവനിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു അവർ അള്ളാഹു സുബഹാനഹുവറ്റായാലായായുടെ കൂട്ടരാണ് അറിയുക തീർച്ചയായും അള്ളാഹു സുബഹാനഹുവറ്റായാലായായുടെ കൂട്ടരാണ് വിജയികൾ